ഹരി ഓ ജാഗ്രസ്വപ്നസുഷുപ്തിഷു സ്ഫുടതരായാദുജംബേ ീലിഷു പ്രോത ജഗത്സക്ഷി സൈവാഹം നൃശ്യവസ്തി ദൃഢപ്രജ്ഞാസ്തി ചേത് ചണ്ടാളോസ്തു സു ദ്ജോസ്തു ഗുരുത്യ മനീഷ മമാഹിദ സകലം ചിന്മാത്രസ്തരിത ൈതദവിദ്യഗുണയാൽപ്പതംയൃാമതിസുഖതേ നിത്യേ പരേ നിണ്ടാളോസ്തു സു ദ്ജോസ്തു ഗുരുത്യേഷ മനിഷാ മ ശന്നരമേവ വിശ്വമിലം നിശ്ചിത്യചാ ഗുരു നിത്യം ബ്രഹ്മ നിരന്തരം വിമൃശതജത്മന ഭൂതം ഭാവി ചുഷം പ്രദതത സംവിന്മയേ പാവകെ പ്രാരപ്പം സ്വപു മനീഷ മ यातिर्यं രഹി സ്ഫുടാ ഗൃഹ്യത്തെസാഹൃദയാക്ഷേഹവിഷയാസ്വോചേത താ ഭാസ്യൈ പീതർക്കൂർത്തി സദാ ഭാവയൻ യോഗീ നിവൃതമാനസോ ഹി ഗുരുത്യേഷ മ യൌഖ്യംേശലേശതയിക്കാദയോ നിി നിതരാന്തകളനി ലബ്ധാ മുനിർവൃത യസുഖാബുധൗ ഗളിതീവ്രഹ വിശിത് സുരേന്ദ്രവന്തി പദ നൂന മനീഷാ മമ ശന്നരമേവ വിശ്വമിളം നിശ്ചിത്യ ഗുരു നിരന്തരം വിമർശത നിജശാൻത്മന ഭൂതം ഭാവി ചുഷം പ്രദഹത സംവിന്മയേ പാവകെ പ്രാരപ്പം സ്വപു മനിഷ മമ ഇത് ഉപദേശ മഹാവാക്യം കാലം അതായത് ടൈം കാലം എന്ന് പറയുന്നത് മനസ്സിന്റെ കൽപ്പനയാണ് നമ്മളൊക്കെ ശ്ലോകം ചൊല്ലുന്നു ദേശകാലാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതേണ നിർഭാസ്യമാനം കാലത്തിനും ദേശത്തിനും ഒക്കെ അതീതമാണ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എപ്പോഴൊക്കെ കാലത്തിനെ നമ്മള് ഓർക്കാതെയിരിക്കുന്നു അതായത് ഫീൽ ചെയ്യാതിരിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ സുഖമായിട്ടിരിക്കും കാലം ഫീൽ ചെയ്യുമ്പോഴാണ് അനുഭവപ്പെടുമ്പോഴാണ് ബോറടിക്കണോ ബോറടിക്കണോന്ന് പറയണത് നമ്മൾ ആനന്ദമായിരിക്കുമ്പോൾ സമയമേ അറിയില്ല ടൈമേ അറിയില്ല ടൈം ഓർക്കും തോറും മനസ്സ് നമ്മളുടേതല്ലാത്തതായ സ്വരൂപത്തിനെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് വിഷമം യു ഫീൽ യുവർ ബൗണ്ട് അപ്പൊ കാലം ഭൂതം ഭാവി വർത്തമാനം ഇങ്ങനെ മൂന്നായിട്ട് പിരിഞ്ഞിരിക്കും അതിൽ ഭൂതകാലം ഭാവി കാലം ഇത് രണ്ടും വർത്തമാനത്തിനെ ആശ്രയിക്കാതെ നിൽക്കുകയേയില്ല ഭൂതകാലം ഭാവി കാലം വർത്തമാനകാലം എന്ന് പറയുന്നത് വരും വെറുതെ മനസ്സ് ഉണ്ടാക്കുന്ന സെഗ്രിഗേഷനാണ് ഭൂതകാലവും ഇവിടെ ഇല്ല ഭാവി കാലവും ഇവിടെ ഇല്ല ഭൂതകാലം എന്ന് പറയുന്നത് വെറും കള്ളമാണ് ഇമാജിനേഷനാണ് ഭൂതകാലം എന്ന് പറയണത് എവിടെ ഉണ്ട് എനിക്കിപ്പോ അമ്പത് വയസ്സായി എന്ന് പറഞ്ഞാൽ ഈ അമ്പത് വയസ്സ് എവിടെ ഉണ്ട് എന്റെ മെമ്മറിയിലേ ഉള്ളൂ മെമ്മറിയിൽ പോലും മുഴുവനൊന്നുമില്ല അമ്പത് വയസ്സ് വെറുതെ പറയാമെന്നല്ലാതെ അനുഭവ എവിടെ അമ്പത് വയസ്സ് അനുഭവമണ്ഡലത്തിൽ ദാ ഇപ്പോൾ ഉള്ള സമയമേ ഉള്ളൂ ഇപ്പോൾ ഉള്ളതേ ഉള്ളൂ ഇപ്പോ ഉള്ള അനുഭവമേ ഉള്ളൂ അനുഭവമണ്ഡലത്തിൽ ഒരിക്കലും കഴിഞ്ഞ കാലം ഇല്ല വരാൻ പോണ കാലോ ഉണ്ടോ വരാൻ പോണ കാലവും ഇല്ലേയില്ല ഊഹിക്കുകയാണ് വരാൻ പോണ കാലവും അനുഭവമണ്ഡലത്തിൽ ഇല്ല കഴിഞ്ഞുപോയ കാലവും അനുഭവമണ്ഡലത്തിൽ ഇല്ല അനുഭവമണ്ഡലത്തിൽ വർത്തമാന മാത്രമേ ഉള്ളൂ വർത്തമാന കാലത്തിനെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കുന്നതിന് പകരം ഭൂതവും ഭാവിയുമാണ് മനസ് എന്ന് പറയണത് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത് തന്നെ ഇല്ലാത്തതാണ് മനസ്സ് എന്ന് പറയുന്നത് തന്നെ ഭൂതം ഭാവി വർത്തമാനം എന്നുള്ളത് ഹൃദയസ്ഥാനമാണ് ജ്ഞാനികൾ മനസ്സല്ലാത്ത ഒരു കേന്ദ്രത്തിനെ പറയുന്നു ഹൃദയം ചില വീട്ടില് അല്ലെങ്കിൽ ചില ഉത്സവമൊക്കെ നടക്കുമ്പോ എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നവർ പുറകിലുണ്ടാവും ഒന്നും ചെയ്യാതെ അവസാനം ആവുമ്പോ നല്ലൊരു സിൽക്ക് ജുബയൊക്കെ ഇട്ട് ഒരു മൈനർ ചെയിൻ വിട്ട് എല്ലാം ചെയ്യുന്ന പോലെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും പേരും പറയും അയാളുടെ അടുത്ത് വന്ന് പറയും നിങ്ങളുള്ളത് കൊണ്ടാ ഒക്കെ നടക്കണതാന്ന് പറയും അയാൾ ഏതോ വലിയ വിഷമിച്ച പോലെ കാണിച്ചോളും മെനക്കെട്ട പോലെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല സകലതും ചെയ്യുന്ന ആളുകൾ പുറകെ ഉണ്ടാവും അല്ലേ അതുപോലെയാണ് ഈ മനസ്സ് മനസ്സ് കൊണ്ടൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത് ഒരു ഭ്രമം ആളുകൾക്ക് മനസ്സില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും മനസ്സ് എന്ന് പറയുന്നത് വെറും ഒരു ജഡപദാർത്ഥമാണ് ജീവിച്ചതിന്റെ അംശം റെക്കോർഡാണ് മനസ്സ് അല്ലാതെ ജീവിക്കുന്നതല്ല മനസ്സ് ജീവിക്കുന്ന സ്ഥാനത്തിനെ ഹൃദയം എന്ന് ശ്രുതി അഥവാ ജ്ഞാനികളൊക്കെ പറയുന്നു ഹൃദയസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സില്ലാതെ ജീവിക്കാം മനസ്സെന്ത് പറയുന്നു ഓരോ നിമിഷവും ജീവിച്ചതിനെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ള ഡെഡ് സ്റ്റഫാണ് മനസ്സ് അതെന്ത് ചെയ്യുന്നു നമ്മളുടെ പരിശുദ്ധമായ കേന്ദ്രസ്ഥാനത്തിനെ കളങ്കപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു സദാ പരിശുദ്ധമായ നമ്മളുടെ സ്വരൂപത്തിനെ സദാ കളങ്കപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ ജഡപദാർത്ഥം സങ്കല്പ വികൽപം അത് എന്ത് ചെയ്യുന്നു ഒന്നിൽ ഭാവിയിലേക്ക് പോകും അല്ലെങ്കിൽ ഭൂതത്തിലേക്ക് പോകും അത് പോവാതെ ഒരു മിനിറ്റ് നിൽക്കൂ ചിത്തവൃത്തി ഇല്ലാതെ നിൽക്കണം എന്നാലേ പറ്റുകയുള്ളൂ ചിത്തവൃത്തി അതായത് തോട്ട് വേവ് എന്നുള്ളത് ഉണ്ടാവണമെങ്കിൽ തന്നെ തോട്ട് വേവ് ക്യാൻ ഹാപ്പൺ ഓൺലി ഹോൾഡിംഗ് ടു ദ ഫ്യൂച്ചർ ഓർ ദ പാസ്റ്റ് തോട്ട് വേ ൻ നെവർ ഹാപ്പൻ ഇൻ ദ പ്രസന്റ് മോമെന്റ് വർത്തമാന കാലത്തിൽ ചിത്രവൃത്തിക്ക് നിൽക്കാൻ സാധ്യമല്ല ഇറ്റ് ക്യാൻ നവർ ഹാപ്പൻ ഇൻ ദ നൗ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓൺലി ഇൻ ദ പാസ്റ്റ് ഓർ the ഫ്യൂച്ചർ അപ്പൊ ചിത്തവൃത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമെങ്കിൽ തന്നെ പഴയ കാലത്തിലേക്ക് പോണം വരാൻ പോണ കാലത്തേക്ക് പോകണം അതാണ് ഭഗവാൻ രമണ മഹർഷി സന്ദർശനത്തില് ഭൂതം ഭവിഷ്യത്വകാല വിതഭാവി ചർച്ച ഗണനേവേ ഒന്ന് എന്നുള്ള സംഖ്യ വാസ്തവത്തിൽ എത്ര സംഖ്യ ഉണ്ട് പറയൂ എത്ര നമ്പേഴ്സ് ഉണ്ട് ഒരേ ഒരു നമ്പറേ ഉള്ളൂ ഒന്നേ ഉള്ളൂ ഒന്ന് കൂടിക്കൂടി കൂടിക്കൂടി അനേക ഒന്നുകൾ എത്ര വളരെ എളുപ്പമാണ് കാര്യം ഒന്നേ ഉള്ളൂ ഒരറ്റ നമ്പറെ ഉള്ളൂ ഒന്ന് ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് മൂന്ന് പ്ലസ് ഒന്ന് നാല് നാലില് നാല് ഒന്ന് ഒക്കെ ഒന്ന് തന്നെ അതേപോലെ ഒരു കാലമേ ഉള്ളൂ വർത്തമാനം വർത്തമാനത്തിനെ വിട്ടിട്ട് ഭൂതത്തിനെയും ഭാവിയും ചർച്ച ചെയ്യണത് ഒന്ന് എന്നുള്ള നമ്പർ ഇല്ലാതെ കണക്കുണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് വിനൈകസംഖ്യാ ഗണനീവലോകെ ഒരേ ഒരു വസ്തു ഈ കണക്കിൽ പോലും ഒന്നായ നിന്ന ഇഹ രണ്ടെന്ന് കണ്ടളവിൽ അല്ലേ ഒന്നേ ഉള്ളൂ പക്ഷെ പലതുള്ള പോലെ ഒരു ഭ്രമം ഒന്നേ ഉള്ളൂ ഒരൊറ്റ വസ്തുവേ ഉള്ളൂ അത് അനേകം പോലെ തോന്നിപ്പിക്കുന്നു എന്ത് ചെയ്യുന്നു ഒന്ന് രണ്ടിന്റെ ഡ്രസ് ഇട്ടിട്ട് വരണു ഒന്ന് മൂന്നിന്റെ ഡ്രസ് ഇട്ടിട്ട് വരണു ഒന്ന് നാലിന്റെ ഡ്രസ് ഇട്ടിട്ട് വരണു ഒന്ന് അഞ്ചിന്റെ വേഷം കെട്ടി വരുന്നു ആറിന്റെ വേഷം കെട്ടി വരണു ഉള്ളത് എന്താ ഒന്ന് അതേപോലെ വർത്തമാനം ആണ് അനുഭവ യു ക്യാൻ ഹ് എന്താ പറയാ രണ്ടാണ് അനുഭവ ഇമാജിനറി പ്ലെയിൻ െണ്ണം നമ്മളുടെ ഉള്ളിലുണ്ട് നമ്മൾ അധികവും അനുഭവമണ്ഡലത്തിൽ നിൽക്കുന്നില്ല അനുഭവമണ്ഡലത്തിൽ നിന്നാൽ സാക്ഷാത്കാരം സമാധി നമ്മളുടെ നമുക്ക് സമാധി സാക്ഷാത്കാരം എന്നൊക്കെ നമുക്കിപ്പോ ഒരു ഫാസിനേഷൻ ആയിരിക്കുന്നു ഭ്രാന്ത് പിടിച്ച ആൾക്ക് അയാളുടെ ഒറിജിനൽ സ്വരൂപം എന്താന്ന് പിടികിട്ടാത്തതുപോലെ സമാധി സാക്ഷാത്കാരം എന്നൊന്നും പറയുന്നതൊന്നും പുതിയതായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല ഭ്രാന്ത് മാറിയാ ഉള്ളതാണത് ഇപ്പൊ ഭ്രാന്ത് എന്താ ഇമാജിനേഷൻ മനസ്സ് ഭൂതത്തിലേക്കും ഭാവിയിലേക്കും പോയി വർത്തമാനം അനുഭവപ്പെടുന്നേ ഇല്ല വർത്തമാന കാലം നമുക്ക് ഗ്രാമറില് മാത്രമേ ഉള്ളൂ അപ്പൊ വർത്തമാന കാലത്തിൽ നിൽക്കുന്ന സ്ഥിതിയെ തന്നെയാണ് സമാധി എന്ന് പറയുന്നത് അപ്പൊ ഭൂതം ഭാവിച്ച ദുഷ്കൃതം പ്രദഹത എന്തുകൊണ്ട് ഈ വർത്തമാനം അനുഭവപ്പെടുന്നില്ല എന്തുകൊണ്ട് അനുഭവപ്പെടുന്നില്ല അതിനുള്ള ഉത്തരമാണ് വേദാന്തികൾ തരുന്നത് സഞ്ചിതകർമ്മവും ആഗാമികർമ്മവും സഞ്ചിതകർമ്മവും ആഗാമികർമ്മവും എന്ത് ചെയ്യുന്നു ഈ വർത്തമാനകാലസ്വരൂപമായ ആത്മാവിനെ മറച്ചു കളയുന്നു വർത്തമാനകാലസ്വരൂപമായ ആത്മാവിന്റെ സഞ്ചിതകർമ്മവും ആഗാമി കർമ്മവും വേണമെങ്കിലും വേണ്ടെങ്കിലും തോട്ടുവേവ്സ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ചിത്തവൃത്തികളെ ഒന്തിച്ചുകൊണ്ടുവന്ന് They sweep you away. ഒന്നിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് ഒന്നിൽ പഴയകാലം പഴയ കാലം എന്ന് വെച്ചാൽ അമ്പത് വർഷം പുറകെ എന്ന് വേണമെന്നില്ല ഒരു സെക്കൻഡ് മുൻപ് ഇപ്പൊ തന്നെ നോക്കിക്കോളാം ഞാൻ പറഞ്ഞിട്ട് പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് സെക്കൻഡ് ആവും അതുകൊണ്ട് എന്താ എന്റെ കൂടെ വരാൻ പറ്റില്ല നിങ്ങളുടെ പുറകെ ഒക്കെ തന്നെ പോകും ശരിക്ക് കേൾക്കുകയാണെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും കേൾക്കില്ല will be in silence. അനുഭൂതിയായിരിക്കും അല്ലെങ്കിൽ എന്താ പറഞ്ഞ പറഞ്ഞൊരു ക്ഷണം നിങ്ങൾ ആലോചിച്ച് നോക്കും അതിന്റെ ഇടയിൽ അടുത്തത് വന്നിട്ടുണ്ടാവും മനസ്സ് വർത്തമാന കാലത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിന് മനസ്സ് എന്ന് പേരല്ല അത് ആത്മാവാണ് ഭൂതകാലത്തിലും ഭാവി സഞ്ചരിക്കുന്ന ഒരു ഇന്നർ മെഷീനാണ് മനസ്സ് ഭൂതകാല ഭാവി കാല സഞ്ചാരം മൂവ്മെന്റ് അതില്ലാതെ ആയിക്കഴിഞ്ഞാൽ ആ ഏതിനെ നമ്മൾ മനസ്സ് എന്ന് വിളിക്കുന്നു അത് തന്നെ ആത്മ അത് തന്നെ ബ്രഹ്മം അത് തന്നെ പൂർണ്ണ വസ്തു അത് തന്നെ ഈശ്വരൻ അതിനെ വർത്തമാന കാലത്തിൽ അതായത് ഇതാ ഇവിടെ ഇപ്പോ ശ്രുതി തന്നെ പറയുന്നു ഇഹ ചേതീ തഥ സത്യമസ്തി ഇഹ അവൻ മഹതീ വി നഷ്ടിത് അവേദി ഇവിടെ തന്നെ ഇപ്പൊ തന്നെ അറിയണം എന്നാണ് അല്ലെങ്കിലോ ഞാൻ പിന്നെ ഇപ്പൊ കേട്ടു കേട്ടിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അറിഞ്ഞോളതെന്ന് വെച്ചാൽ യു വിൽ ലൂസി നഷ്ടപ്പെട്ടു പോകും കാണണം നമ്മളിൽ കാണണം അതിനെ നമ്മളുടെ അന്തരംഗത്തില് അതിനെ കാണണം എന്തിനെ കാണണം വർത്തമാന വർത്തമാന കാലം എന്ന് പറയുന്നത് തന്നെ സംവിത്താണ് ബോധമാണ് കഴിഞ്ഞുപോയ വർത്തമാന കാലത്തിനെയാണ് നമ്മൾ ഭൂതകാലം എന്ന് പറയുന്നത് വരാൻ സാധ്യതയുള്ള വർത്തമാനകാലത്തിനെയാണ് നമ്മൾ ഭാവി എന്ന് പറയുന്നത് റെക്കോർഡ് പാസ്റ്റ് മേ ബി ഫ്യൂച്ചർ ഇമാജിനറി റെക്കോർഡ് പ്രസന്റ് ഇമാജിനറി പ്രസന്റ് വരാൻ സാധ്യതയുള്ളത് റപ്പില്ല അതിനെയാണ് നമ്മൾ ഭാവി എന്നൊക്കെ വിളിച്ചുകൊണ്ട് പക്ഷെ എപ്പോഴും ഉള്ളത് എന്താ ഇപ്പൊ ഇപ്പൊ എന്തുണ്ടോ അതാണ് എപ്പോഴും ഉള്ളത് രമണ മഹർഷി ഇടയ്ക്കിടയ്ക്ക് ചൊല്ലും ഇതൊക്കെ മന്ത്രം മഹാവാക്യം പോലെയാണ് ഇപ്പൊ ഏത് അത് താ എപ്പോ ഇരുക്കെ പൊരുൾ ഇപ്പൊ ഇല്ലയോ അത് എപ്പോ വന്നാലും വര പോലെ പോയിടും ഇപ്പ ഉണ്ടോ ഇതൊക്കെ മനസ്സിനെ ഡീപ്പ് ഇൻസൈറ്റ്സ് ആണ് നമുക്ക് വിഷമം വരുമ്പോഴോ ദുഃഖം വരുമ്പോഴോ ഒക്കെ ഇത് ഓർത്താൽ മതി ഇപ്പൊ ഏതോന്നുണ്ടോ അതാണ് ഇപ്പൊ ഏതോന്നുണ്ടോന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ദുഃഖമാണോല്ലോ ഉള്ളത് അല്ല ദുഃഖം ഇപ്പൊ വന്നതാണ് എപ്പോഴും ഉള്ളതല്ല എപ്പോഴും ഉള്ളതല്ല അപ്പൊ ഇപ്പൊ ഉണ്ടല്ലോ ഇപ്പൊ ഉണ്ടെന്ന് വെച്ചാൽ ഈ ദുഃഖത്തിന് പുറകിലൊന്ന് നോക്കൂ ഈ ദുഃഖം ആർക്ക് വന്നിരിക്കുന്നു ദുഃഖം എവിടെയാ നിൽക്കുന്നത് എന്നിൽ നിൽക്കുന്നു ഈ ഞാനാര് ദുഃഖത്തിന് നിൽക്കാൻ ഉള്ള ഒരു സ്പേസ് കൊടുക്കുന്ന ഞാൻ ആര് ഡു നോട്ട് സീ ദു നോട്ട് സീ ദിപ്രഷൻ ഓർ സോറോ സീ ദ അത് ഞാനാണ് അതിലാണ് ശ്രദ്ധയെങ്കിൽ അത് എന്നെ ബാധിക്കുകയേ ഇല്ല ആ ദുഃഖമോ വൈഷമ്യമോ ഒന്നും എന്നെ ബാധിക്കില്ല ആ സ്പേസ് അതിനെയാണ് ചിതാകാശം എന്ന് വേദാന്തികൾ പറയുന്നു ആ ചിതാകാശം ഒരിക്കലും കളങ്കപ്പെടാതെ നിൽക്കുന്നു ചിതാകാശത്തിനെ കളങ്കപ്പെടുത്താൻ സാധ്യമല്ല ഭൂതാകാശത്തിനെ കളങ്കപ്പെടുത്താൻ സാധ്യമല്ല പിന്നെയാണോ ചിതാകാശം ചിതാകാശത്തിനെ ഒന്നുകൊണ്ടും കളങ്കപ്പെടുത്താൻ സാധ്യമല്ല ചിതാകാശം അസ്പർശമായിട്ട് നിൽക്കുന്നു ആ ചിതാകാശത്തിനെ ആര് തൊട്ടുവോ എന്നുവെച്ചാൽ ആര് കണ്ടുവോ അവരും അസ്പർശയോഗികൾ എന്നാണോ അവരെ പറയണത് എല്ലാത്തിനും നടുവിലിരുന്നാലും സ്പർശഹീനമായിട്ട് അസ്പർശയോഗോ വൈനാമ സർവസത്വസുഖാവഹ ഗൗഡപാദാചാര്യർ പറയുന്നു അസ്പർശയോഗോ വൈ നാമ സർവസത്വസുഖാവഹ യോഗിനോ ബിഭ്യതേ അസ്മിൻ അഭയേ ഭയദർശിന അസ്പർശയോഗത്തിനെ ചില യോഗികൾക്കൊക്കെ പേടിയാത്ര എന്താന്ന് വെച്ചാൽ അവരുടെ വ്യക്തിത്വം ഇൻഡിവിജ്വാലിറ്റി പവർഫുൾ ഐ വിൽ ലൂസ് അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ഈ അസ്പർശ ചിലപ്പോൾ അങ്ങനെയുള്ളവര് ആ ഏത് തരം യോഗികൾ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയുന്നു വേദാന്ത തത്വ അവി വേദാന്തത്വ ജ്ഞാനരഹിതാഹം കൂടയോഗിനേദാന്ത തത്വജ്ഞാനം തെളിയാത്തവരും മനസ്സിന്റെ ഏകാഗ്രത പരിശീലിച്ച് പല സുഖങ്ങളും സിദ്ധികളും ശക്തികളും നേടാൻ ശ്രമിക്കുന്നവരുമായിട്ടുള്ള യോഗികൾ ഈ അസ്പർശയോഗത്തിനെ പേടിക്കണു എന്താ തന്നെ ഇല്ലാതാക്കും അത് ഞാനില്ലാതായിക്കളയുമോ എന്നുള്ള ഭയം എന്നാലോ അസ്പർശയോഗം എന്താ ചെയ്യണത് ഞാനില്ലാതാക്കും എന്നുള്ളത് വാസ്തവം ഞാനില്ലാതെ ആക്കുകയല്ല ഞാനില്ല എന്നുള്ള ഉണർവ് ഉണ്ടാക്കും അനുഭൂതി ഉണ്ടാക്കും ആ അനുഭൂതി സർവസത്വസുഖാവഹ സകല പേർക്കും സുഖത്തിനെ കൊടുക്കുന്നതാണ് ഈ അനുഭവിക്കുന്ന ആൾക്കും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വരുന്നവർക്കും സമ്പർക്കത്തിൽ വരുന്നവർക്കും ഒക്കെ ശാന്തിയെ വിതരണം ചെയ്യുന്നതാണ് ഈ അസ്പർശയോഗം അപ്പൊ ആ അസ്പർശയോഗത്തിനാണ് ഇവിടെ സംവിത് എന്ന് പറയണത് സംവിത് സംവിത്ത് എന്ന് വച്ചാൽ ബോധം അറിവ് ഞപ്തി നിശ്ചലത നിശ്ചലത തന്നെയാണ് വർത്തമാനക്കാലം ആ നിശ്ചലതയിൽ ഭൂതം ഭാവിച്ച പ്രദഹത ആ നിശ്ചലതയിൽ എന്താവുന്നു നിശ്ചലതയെ നമ്മൾ കണ്ടെത്തിയാൽ മനസ്സ് പഴയ പരിചയം കൊണ്ട് പഴയ ഹാബിറ്റ് കൊണ്ട് വീണ്ടും ഭൂതത്തിലേക്കും ഭാവിയിലേക്കും പോകും മനസിന്റെ സ്വഭാവം ആ സ്വഭാവത്തിനനുസരിച്ച് അത് പിന്നെയും ഇങ്ങോട്ടും അങ്ങോട്ടും കാറ്റു വീശും അപ്പൊ എന്താ ഭൂതം ഭാവിച്ച് പ്രദഹത സംവിന്മയെ പാവക്കെ ഈ നിശ്ചലതയിൽ ഭൂതകാലത്തിനെ ഹോമിക്കുന്നു ഭാവി കാലത്തിനെ ഹോമിക്കുന്നു ഈ നിശ്ചലമായ അധിഷ്ഠാനത്തിലാണ് ചിത്രത്തിന്റെ ഈ പോക്ക് ഇങ്ങോട്ടും അങ്ങോട്ടുമുള്ള ഈ ചലനം ഈ ചലനത്തിനെ നിശ്ചലമായ അഗ്നിയില് ഈ ചലനത്തിനെ ഹോമിക്കും ഇത് നിരന്തരം നടക്കുന്ന ഒരു ഹോമം പുറമേക്ക് നടക്കുന്ന യാഗം അല്ലെങ്കിൽ ഹോമം അത് ഇതിന്റെ ഒരു സിമ്പലാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ട യാഗം ജ്ഞാനിയുടെ ഉള്ളിൽ നിരന്തരം നടക്കും നിരന്തരം ആന്തര അഗ്നിയെ ജ്വലിപ്പിച്ച് ആ അഗ്നിയിലെ ഭൂതം ഭാവിച്ച ദുഷ്കൃതം പ്രദഹതാ സംവിന്മയേ പാവകെ ജ്ഞാനമയമായ അഗ്നിയിൽ ഈ കർമ്മവാസനകളെ ചുട്ടരിച്ചു കൊണ്ടേ എന്നാണ് പിന്നെ പ്രാരബ്ധമോ പ്രാരബ്ധായ സമർപ്പിതം സ്വപു പ്രാരബ്ധത്തിനായിക്കൊണ്ട് ശരീരത്തിനെ വിട്ടുകൊടുക്കുന്നു അപ്പൊ ആ ഉള്ളില് സംവിന്മയമായ പാവകം എന്ന് പറഞ്ഞോ അഗ്നി പാവകൻ അതിനെ ഒന്നുകൂടെ തെളിച്ചം വരുത്താണ് അടുത്ത ശ്ലോകം അത് ആ അഗ്നി സംവിന്മയമായ പാവകൻ അഗ്നി പുതിയതായിട്ട് ജോലിപ്പിക്കേണ്ടതല്ല എപ്പോഴും ഉണ്ട് അതിനെ കണ്ടെത്താം അത് ആരിലുണ്ട് എവിടമുണ്ട് എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്ന് വച്ചാൽ എല്ലാവരിലുമുണ്ട് മനുഷ്യരിൽ മാത്രമല്ല സകല പ്രാണികളിലും ആ അഗ്നി ഉണ്ട് ആ അഗ്നി ഉണ്ട് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുകയും ചെയ്യുന്നു അതാണ് ആചാര്യപാദര് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് യാതിര്യങ് നരദേവതാഭി യാതിര്യങ് നരദേവതാഭി അഹം ഈ സദാ തിലുംഹമുടാ ഗൃഹ്യത്തെസാ ഹൃദയാക്ഷേഹവിഷയാസ്വത്തോ അചേതാ താ ഭാസ്യൈ പിഹിതർക്കൂർത്തി സദാ ഭാവയൻ യോഗീ നിവൃതമാനസോ ഹി ഗുരുത്യേഷ മനീഷ മമ തിരിയക്ക എന്ന് വെച്ചാൽ ജന്തുക്കൾ ഹൊരിസോണ്ടൽ എന്നാണോ അർത്ഥം വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ നേരെ നിൽക്കണത് വെലങ്ങനെ നിൽക്കണത് ഇപ്പൊ ഈ വെലങ്ങനെ നിൽക്കണതാണ് തിരിയക്കുകൾ അപ്പൊ തിരിയക്കുകൾ എന്നുവച്ചാൽ ജന്തുക്കൾ പക്ഷികളുമൊക്കെ ഇങ്ങനെ പോകുന്നു തല ഹൃദയം വയറ് കാല് ഒക്കെ ഇങ്ങനെ നേരെ ഹൊറിസോണ്ടാണ് നമ്മളെയൊക്കെ ഭഗവാൻ വെർട്ടിക്കലായിട്ട് നിർത്തിയിരിക്കുന്നു അല്ലെ അപ്പൊ തിരിയക്കുകളൊക്കെ തിരിയക്കുകളിലും നര മനുഷ്യനിലും ദേവത ദേവതകളിലും എല്ലാവരിലും യാ തിര്യങ് നര ദേവതാഭി അവരിലൊക്കെ അന്തസ്ഫുടാഗ്രഹ്യത്തെ ഉള്ളില് സ്ഫുടമായി കാണപ്പെടുന്നു സ്ഫുടമായി ഗ്രഹിക്കപ്പെടുന്നു സ്ഫുടമായി ഇത് തുള്ളുന്നത് കാണാം എന്താ അഹം ഇതി അന്തസ്ഫുടാഗ്രഹ്യത്തെ അഹം അഹം എന്ന് ഞാൻ ഞാൻ എന്നീ രീതിയിൽ ഉള്ളിൽ അത്യന്തം സ്ഫുടമായി ആ വസ്തു പ്രകാശിക്കുന്നു അത്യന്തം പ്രസിദ്ധം എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നു എല്ലാവർക്കും പ്രസിദ്ധമായിട്ടുള്ളതാണ് ഈ ബ്രഹ്മം എങ്ങനെ അഹംരൂപേടെ പ്രസിദ്ധത്വാത്ത് അഹംരൂപത്തിൽ എല്ലാവരുടെ ഉള്ളിലും പ്രകാശിക്കും സകല പ്രാണികളുടെ ഉള്ളിലും ഇത് ഞാൻ ഞാൻ ഞാൻ എന്ന് അഹം ഇതി അന്തസ് പുരന്തം സദ അന്തസ്പുട്ടാ ഗൃഹ്യത്തെ ദക്ഷിണാമൂർത്തി അന്തസ്ഫുരന്തം സദ എന്ന് പറഞ്ഞു മനീഷാപഞ്ചകത്തിൽ അന്തസ്ഫുടാഗൃഹ്യത്തെ വിവേകൂടാമണിയിൽ പ്രകൃതിവികൃതി ശുദ്ധബോധസ്വഭാവ സദസരിതമേശേഷം ഭാസയൻ നിർവിശേഷ വിലസതി പരമാത്മാഗ്രതാതിഷവസ്ഥ അഹമഹമിതി സാക്ഷാത് സാക്ഷിപേണ ബുദ്ധേ പരമാത്മാവു തന്നെ പ്രകാശിക്കുന്നു അഹമഹം എന്ന് അപ്പൊ ആ പരമാത്മ വസ്തു പരമാത്മ വസ്തു തന്നെ ഉള്ളിൽ അഹം അഹം ഇതി അന്തസ്ഫുടാ ഗൃഹ്യത്തെ പിന്നെ എന്താ അത് പരമാത്മാവാണെന്ന് അറിയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടെന്നുവെച്ചാൽ സൂര്യൻ പ്രകാശിക്കണു സൂര്യന്റെ പ്രകാശം കൊണ്ട് ലോകത്തിൽ എല്ലാം അറിയപ്പെടും മേഘം മേഘം ഉണ്ടായതെങ്ങനെ സൂര്യന്റെ വെളിച്ചം തന്നെ സമുദ്രജലത്തിനെ മേഘമാക്കി മാറ്റുന്നു എന്നിട്ട് ആ കൊച്ചു മേഘം ഉരുണ്ടുകൂടി സൂര്യന്റെ മുമ്പിൽ വന്ന് സൂര്യനെ മറയ്ക്കുന്നു ആ മേഘം ഉണ്ട് എന്നുള്ളത് പോലും അറിയണത് എങ്ങനെയാ സൂര്യ വെളിച്ചം കൊണ്ടാണ് അറിയണത് എന്നാലും ആ കൊച്ചുമേഘം സൂര്യനെ തൽക്കാലത്തേക്ക് ഒന്ന് മറയ്ക്കുന്ന പോലെ ബാസിഹി പിഹിതാർക്ക സൂര്യ വെളിച്ചം കൊണ്ട് തന്നെ പ്രകാശിക്കുന്നതായ വസ്തുക്കൾ സൂര്യനെ മറക്കുന്ന പോലെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന അജ്ഞാനം അജ്ഞാനത്തിന്റെ കാര്യങ്ങളായ ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെ ഞാനാണ് എന്നുള്ള ധാരണ കൊണ്ടുണ്ടായിട്ടുള്ള ജാഢ്യത തമസ് ഇത് ഈ സ്ഫൂർത്തിയെ അഹം അഹം എന്നുള്ള സ്ഫൂർത്തിയെ ശ്രദ്ധിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് നോക്കണം കാര്യം എത്ര എളുപ്പമില്ലേ അഞ്ചു പൈസ ചെലവില്ല ഒരു തീർത്ഥയാത്ര പോവണ്ട കഷ്ടപ്പെടണ്ട ശീർഷാസനാദി ആസനകളൊന്നും വേണ്ട ഒരു നാമം ജപിക്കണ്ട ഒരു മെനക്കേടില്ല ഒരിക്കലും നഷ്ടപ്പെടുകയും കണ്ടു കഴിഞ്ഞാൽ അതാണ് രസം ഒരിക്കലും നഷ്ടപ്പെടില്ല നഷ്ടപ്പെടാനേ സാധ്യമല്ല ഇതിന് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ സഹായം പോലും വേണ്ട ഇന്ദ്രിയങ്ങളുടെയോ മനസ്സിന്റെയോ സഹായം പോലും വേണ്ട ബുദ്ധിശക്തി വേണമെന്നില്ല അത്രയധികം സിദ്ധമായിരിക്കുന്നു വസ്തു ഈ ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കണു എന്നിട്ടും നമ്മൾ നമ്മളുടെ അതീവ ബുദ്ധിശാലികളായ ശാസ്ത്രജ്ഞന്മാര് പോലും എന്തൊക്കെ കണ്ടുപിടിക്കുന്നു ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്നുള്ള ചർച്ച ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നടക്കും ആപ്പിള് ചുവട്ടിൽ വീണു എന്തുകൊണ്ടും വേപ്പെട്ടുപോയില്ലെന്ന് ചിന്തിച്ചു എത്രയൊക്കെ ഗ്രഹങ്ങളുണ്ട് എന്ന് ചിന്തിക്കും എന്തൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അതീവ സൂക്ഷ്മമായി ആലോചിച്ച അത്ഭുതം തോന്നും അത്ഭുതപ്പെടാവുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കണ്ടുപിടിക്കുന്നു മാളിക്കുള്ള ആട്ടം അതിൻ്റെ ഉള്ളില് ണുവിന്റെ ഉള്ളിലേക്ക് പോണം പിന്നെയോ ഈ ഗാലാക്സി മിൽക്കി വേ എന്നൊക്കെ പറയുന്ന ഈ വലിയ ക്ഷീരസാഗരവും ഒക്കെ പരത്തി നടക്കും അണോ രണീയാൻ മഹതോ മഹിയാൻ ഇവിടെയൊക്കെ പരത്തി നടക്കണം പക്ഷെ വസ്തു എവിടെ കിടക്കണു ആത്മാ ജോഹോ നിഹിതോ ഗുഹായാം ആത്മാവ് എവിടെ നിൽക്കുന്നു ജന്തോഹോ നിഹിത ഗുഹായാം ഗുഹയിൽ തന്നെ ഉണ്ടോന്നാണ് ഗുഹ എന്ന് വെച്ചാല് ഹൃദയസ്ഥാനത്ത് ഒളിഞ്ഞു കിടക്കുന്നു എന്നിട്ടോ അണുവിന്റെ ഉള്ളിൽ ആട്ടത്തിന്റെ ഉള്ളിൽ പോയി അന്വേഷിക്കുന്നു ഗാലാക്സിയിലും മുഴുവൻ അന്വേഷിക്കണു കാര്യം എവിടെ അന്വേഷിക്കണവനിൽ ഒളിഞ്ഞുകിടക്കും ഓടി ഓടി ഓടി ഓടി ഉൾക്കലന്ത ജ്യോതിയ നാടി നാടി നാൾകളും കഴിഞ്ഞു പോയി വാടി വാടി വാടി വാടി വണ്ടുപോണ മാന്തുകൾ കോടി കോടി കോടി കോടി എണ്ണിറന്ത കോടിയേ ഈ അന്വേഷിക്കണ ജ്യോതി ഉൾകലന്ത ജ്യോതി എന്നാണ് സിദ്ധൻ പറയുന്നത് അതായത് ഈ അന്വേഷിക്കണവനിൽ കലർന്ന് പെടഞ്ഞു നിൽക്കണു അന്വേഷിക്കണവനിൽ തന്നെ കലർന്നു നിൽക്കുന്ന സത്യത്തിനെ അന്യപദാർത്ഥങ്ങളിൽ അന്വേഷിക്കുകയാണെന്ന് അന്വേഷിക്കണമെന്നാലേ അന്വേഷിക്കണവനിൽ ഇണങ്ങിച്ചേർന്ന് നിൽക്കും ഏതൊരു സയന്റിസ്റ്റാണോ ഈ ആട്ടത്തിന്റെ ഉള്ളിൽ ശ്രദ്ധിച്ചത് ഏതൊരു സയന്റിസ്റ്റ് ആണോ അനേക പ്രകാശ വർഷം ദൂരത്തിലുള്ള ഒരു ഗ്രഹത്തിനെ കണ്ടുപിടിച്ചത് ആ കണ്ടുപിടിച്ച ആളുടെ ഉള്ളിൽ ഇത് കലർന്നു നിക്കണം ഉൾകലന്ത ജ്യോതി എന്നാണ് കലർന്നു നിക്കണു അഹം അഹം അഹം പക്ഷെ ശ്രദ്ധിക്കാൻ തോന്നണില്ലല്ലോ മെനക്കെട്ട് നമ്മൾ കൈലാസയാത്രയൊക്കെ മെനക്കെട്ട് നടത്തിയിട്ട് വരണ്ട അല്ലെ ധാരാളം പണവും ചെലവാക്കി മെനക്കെടുന്നു കഷ്ടപ്പെട്ടൊക്കെ പോയി നല്ല ഒരു എക്സസൈസ് പുതിയ ഒരു അനുഭവം എന്നിട്ട് വന്നാലോ ശിവനെ കണ്ട് ഒരു തൃപ്തി കൊണ്ടോ ഇല്ല ഇനി ഇവിടെ പോയിട്ട് വന്ന ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ നിന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ നല്ല സുഖം തോന്നുന്നു പക്ഷെ അവിടെ പോയിട്ട് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല എല്ലാം ചീത്തയും പറഞ്ഞ് വിഷമിച്ച് തളർന്ന് ക്ഷീണിച്ച് അത് കഴിഞ്ഞിട്ട് വന്നപ്പോ ആലോചിക്കുമ്പോ നല്ല സുഖം തോന്നുന്നുണ്ട് അത്രയും ദൂരം നമ്മൾ പോകണമൊക്കെ നല്ലതാണ് അതൊക്കെ വേറെ വിധത്തിൽ ഗുണമുണ്ടാകും അതൊന്നും നിന്ദിക്കല്ല വിമർശിക്കല്ല എല്ലാം ഇതൊക്കെ വേണം ഇതൊക്കെ സഹ എങ്ങനെയാണെങ്കിൽ സഹായമാവും എന്ന് വെച്ചാൽ നമ്മള് ഈ സത്യത്തിനെ പിടിച്ചെടുത്തിട്ട് ആ സത്യത്തിന്റെ ബാഹ്യപ്രകടനമാണ് ഇത് മുഴുവൻ എന്ന് കണ്ട് കൈലാസ യാത്രയൊക്കെ പോയാൽ ഓരോ യാത്രയും നമുക്ക് തപസാകും തപോവന സ്വാമികൾ ഹിമഗീരി ഹിമവത് വിഭൂതി എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് ഹിമാലയം മുഴുവൻ ചുറ്റി നടന്നു ജീവിതം മുഴുവൻ പക്ഷെ അദ്ദേഹം ചുറ്റി നടന്നതിനും നമ്മൾ ചുറ്റുന്നതിനും എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അദ്ദേഹം പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഞാൻ പഠിച്ച സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത് കുടുവായൂര കൊല്ലങ്കോട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ കാര്യമൊക്കെ നല്ല വണ്ണം തെളിഞ്ഞ് സത്യം ഒന്ന് അനുഭവിച്ച് ത്രിപുടി മുടിഞ്ഞ് ദീപം തെളിഞ്ഞിട്ടാണ് ഇവിടുന്ന് പുറപ്പെട്ടത് ത്രിപുടി മുടിഞ്ഞ് ഉള്ളില് ഒരിക്കലും പൊലിഞ്ഞു പോവാത്ത ദീപം തെളിച്ചെടുത്തിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പുറപ്പെട്ടത് അതുകൊണ്ട് എന്തായി അദ്ദേഹത്തിന് ഹിമാലയത്തിൽ മുഴുവൻ ചുറ്റി നടക്കുമ്പോൾ കൈലാസത്തിലാവട്ടെ എവിടെയാവട്ടെ എവിടെ പോയി എന്ത് കണ്ടാലും അതൊക്കെ തന്നെ ഈ പ്രകാശത്തിന്റെ ബാഹ്യ രൂപങ്ങളായി സർവവും ബ്രഹ്മമയമായി ചൈതന്യമയമായി ആത്മമയമായി കണ്ടുകൊണ്ടേ നടന്നു അപ്പൊ എന്താ ഓരോ ദർശനവും പല സ്ഥലങ്ങളിലും അദ്ദേഹം പറയുന്നു ഈ ഹിമാലയത്തിന്റെ സൗന്ദര്യം കാണുമ്പോൾ യോഗികളുടെ നിർവികൽപ്പ സമാധി കൊണ്ടൊന്നും എനിക്ക് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് യോഗികളുടെ നിർവികൽപ്പ സമാധി കൊണ്ടൊന്നും ഇപ്പൊ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല എന്താ അതിനേക്കാളും ഒക്കെ അത്യന്തം ആനന്ദം ഈ സവികല്പ വസ്തുക്കളെ കാണുമ്പോൾ എനിക്ക് ബ്രഹ്മമായിട്ട് തോന്നുമ്പോ ഉണ്ടാവും ഇതൊക്കെ പരമാത്മ സ്വരൂപമായി ഭഗവത് സ്വരൂപമായിട്ട് തോന്നുമ്പോ അത്യന്തം ആനന്ദമുണ്ടാവും ആ ആനന്ദം എന്തുകൊണ്ടാണ് വേറെ പലരും ഉണ്ട് അല്ലെ ഹിമാലയം വരെ മെനക്കെട്ട് കൈലാസത്ത് പോയിട്ട് ഈ പർവ്വതത്തിന് എത്ര വർഷം പഴക്കം ഉണ്ടാവും ഇതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യണം ഇങ്ങനെയോ ബുദ്ധി പോവുള്ളൂ ഇത്രയും ദൂരം മെനക്കെട്ട് വന്നിട്ടും നമുക്ക് നമ്മളുടെ ബുദ്ധി അല്പവസ്തുക്കളിൽ പ്രവർത്തിക്കും പ്രയോജനപ്പെടല്ലേ അപ്പൊ എന്താ അപ്പരസ്വാമികൾ പരമഭക്തനായ അപ്പരസ്വാമികൾ കൈലാസത്തിലേക്ക് പുറണമെന്ന് പുറപ്പെട്ടു വയസ്സുകാലത്താണ് അദ്ദേഹം ശിരികാഴിയിലോ തിരുവിടമരൂർ ഏതോ സ്ഥലം തമിഴ്നാട്ടിൽ ഗ്രാമ അവിടുന്ന് ശിവനോട് പറഞ്ഞു എനിക്ക് കൈലാസം വന്ന് കാണണം അപ്പൊ പരമേശ്വരൻ പറഞ്ഞു ദാ അവിടെ ഒരു കുളം ഉണ്ട് അതിൽ അവിടെ തന്നെ ഒരു കുളത്തില് മുങ്ങിയപ്പോ അദ്ദേഹത്തിന് കൈലാസത്തില് ദർശനം എന്താ ഹൃദയത്തില് ആ അനുഭൂതി വേണമോ പക്വത കൊണ്ടോ ഇവിടെ തന്നെ കൈലാസ ദർശനം എല്ലാ ദർശനവും ഖണ്ഡാന സ്വാമി ഒരു ശ്ലോകത്തിൽ ചൊല്ലുന്നുണ്ട് കൈലാ വൈകുണ്ടക്കേനദുഷ്ടിത്തേന്ന് വൈകുണ്ഠത്തിനെ ആര് കണ്ടു അഥവാ ഞാൻ കണ്ടു എന്ന് ഒരാൾ എന്താ രാത്രി സ്വപ്നം കണ്ടു എന്ന് പറയണ പോലെ തന്നെ സ്വപ്നവത് ബാധിച്ചിത്തേന്ന് ഭാഗവത വലിയ ഭാഗവത കാരണാണ് ഭാഗവതത്തിന് ഒരുപാട് വ്യാഖ്യാനം ചെയ്ത ആളാണ് അദ്ദേഹമാണ് പറഞ്ഞത് വൈകുണ്ഠേന ദൃഷ്ട സ്വപ്നവത്ഭാതി ചിത്തെ സ്വപ്നം പോലെ ഉള്ളിരുത്തു യോഗികളുടെ സമാധിയും യോഗികളുടെ സമാധി ആരിപ്പോ എപ്പോഴും നിരന്തരമായി സമാധിയിൽ ആർക്കിരിക്കാൻ പറ്റും അതും ഈ സുഷുപ്തിയിലെ ഉറക്കം പോലെ തന്നെ കുറച്ചുനേരം അനുഭവിച്ചു എഴുന്നേറ്റ് വന്നു പിന്നെ എന്താണ് ഈശ്വരൻ ഈശ്വരാനുഭൂതി എന്താണ് എന്ന് അന്വേഷിച്ചു നടന്നും അദ്ദേഹത്തിന്റെ ഗുരു പൂർണാനന്ദൻ ഉപദേശിച്ചു എന്ന് പൂർണ്ണ അദ്ദേഹത്തിന്റെ ഗുരുവിനെ സ്തുതിക്കുന്ന സ്ഥവത്തിലാണ് പറയുന്നത് വൈകുണ്ഠം കണ്ടാ പോലും വൈകുണ്ഠം വന്നു പോയി ഇനി ഞാനിപ്പോ ഗുരുവായൂരിലേക്ക് പോയിട്ട് വരുന്ന പോലെ തന്നെ പക്ഷെ സ്വപ്നം പോലെയുള്ള ഈ അനുഭവങ്ങൾ ഒന്നും ശാശ്വതമല്ല പിന്നെ എന്താ ശാശ്വതാനുഭവം എന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് അഹമഹം ഇതി ആ പൂർണമായ ബ്രഹ്മം തന്നെ സദാ അഹമഹം ഞാൻ ഞാൻ ഞാൻ എന്ന് ഇവിടെ ഇപ്പൊ തന്നെ അനുഭവ മണ്ഡലത്തിൽ പ്രകാശിക്കുമ്പോ അതിനെ ഞാൻ എവിടെ പോയി അന്വേഷിക്കും എന്തിന് അന്വേഷിക്കും ഏത് സ്ഥലത്ത് അന്വേഷിക്കണം അന്വേഷിക്കണവനെ അതാണല്ലോ അന്വേഷിക്കണവനെ അതാണല്ലോ ഇനി എന്ത് അന്വേഷിക്കും എവിടെ പോയി തരണം തരയുന്നവനെ അതാണ് കസ്തൂരി മൃഗം ഓടി നടക്കുന്ന പോലെ തന്നെ കസ്തൂരി മൃഗത്തിന് അതിന്റെ ശരീരത്തിൽ തന്നെ നാബിയിൽ നിന്ന് ഇങ്ങനെ ഒരു മണം വരും ആ മണത്തിനോട് അതിന് വലിയ അഡിക്ഷൻ ആണ് അതുകൊണ്ട് ആ മണം എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് ഈ മാന് ജീവിതം മുഴുവൻ കാട്ടിൽ മുഴുവൻ ഓടി നടക്കും അത്രേ മണത്തിട്ടെ കാട്ടിൽ മുഴുവൻ ഓടി നടന്ന് നടന്ന് നടന്ന് ചത്തുവും അതുപോലെ തന്നെ നമുക്കും എവിടുന്നോ ഒരു മണം വരണു ആ മണത്തിനെയാണ് കുറെ ആളുകൾ ലൗകിക പദാർത്ഥങ്ങളിലൊക്കെ തെരയണു കുറച്ചാളുകള് അമ്പലത്തിലും തീർത്ഥ ക്ഷേത്രങ്ങളിലും ഒക്കെ തെരയണു ചിലർ ഇപ്പൊ ഒന്നും ഇല്ല മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോകും അപ്പൊ കണ്ടെത്തും പറഞ്ഞിരിക്കുന്നു പക്ഷെ മണം എവിടുന്ന് വരണു അവരവരുടെ നാഭി തന്നെ ഹൃദയത്ത് നിന്ന് തന്നെ വരണു ഈ മണത്തിനെ ഇപ്പൊ പിടിക്കണം എവിടെ യാതിര്യങ് നരദേവതാഭിരഹം ഇതി അന്തസ്ഫുടാഗ്രഹ്യത്തെ യാതൊന്നാണോ ഉള്ളില് ഞാൻ ഞാൻ ഞാൻ അത് ഉള്ളത് കൊണ്ട് ശരീരം മനസ്സ് ബുദ്ധി ഒക്കെ പ്രവർത്തിക്കുന്നു യത് സാന്നിധ്യ മാത്രേണ് അതിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ബാക്കിയൊക്കെ ചലിക്കുകയും വികാരപ്പെടുകയും ഒക്കെ ചെയ്യുന്നു യദ് ഭാഷ ഹൃദയാക്ഷദേഹവിഷയാ ഹൃദയം ഇന്ദ്രിയങ്ങള് ശരീരം ഇതൊക്കെ തന്നെ വിഷയങ്ങള് ജഡപദാർത്ഥങ്ങളാണ് മനസ്സ് മുതൽ എല്ലാം ഈ അഹം അഹം എന്ന് പറയുന്ന ഞാൻ ഉള്ളതുകൊണ്ട് ഈ ഞാൻ ഉള്ളപ്പോ ഈ ശരീരവും മനസും ബുദ്ധിയും ഒക്കെ ജീവനുള്ള പോലെ പ്രവർത്തിക്കും രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു രാമകൃഷ്ണ പരമവംസരുടെ മുമ്പിൽ ഒരു ശ്രീരാമ ഇപ്പോഴും ദക്ഷിണേശ്വരത്ത് പോയാൽ നിങ്ങൾക്ക് ആ വിഗ്രഹം കാണാം രാംലാല ആ രാംലാല വിഗ്രഹം രാമകൃഷ്ണ പരമവംസരുടെ മുമ്പിൽ ഓടി നടന്നു വർത്തമാനം പറഞ്ഞു കളിച്ചു എന്നൊക്കെ കഥയുണ്ട് അപ്പൊ മഹർഷിയോട് ഇത് പറഞ്ഞു ആ അതെ അതെ അതൊക്കെ ധ്യാന ഫലമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഈ ഭക്തൻ പറഞ്ഞു സ്വാമി ഇത് വലിയ ആശ്ചര്യമല്ലേ ആ അതിലെന്താ ആശ്ചര്യം ചോദിച്ചു മഹർഷി അല്ല ഈ വിഗ്രഹം ഈ പഞ്ചലോഹ വിഗ്രഹം ഓടി നടക്കുക വർത്തമാനം പറയുക ശ്വാസോച്ഛ്വാസം ചെയ്യൽ കളിക്കൽ എന്ന് പറഞ്ഞാൽ ആശ്ചര്യമല്ലേ ചോദിച്ചു ആ നിങ്ങൾ ഓടി നടക്കണല്ലേ നിങ്ങൾ വർത്തമാനം പറയണില്ലേ ശ്വാസോഛ്വാസം ചെയ്യണില്ലേ അത് കണ്ട് ആശ്ചര്യപ്പെടുന്നില്ലല്ലോ അല്ല ഭഗവാനെ അത് ജഡപദാർത്ഥമല്ലേ ജഡായിട്ടുള്ളത് ഓടി നടന്ന് വർത്തമാനം പറഞ്ഞു ഓ ഇതുമാത്രം ചൈതന്യവോ ഇതുമാത്രം ചൈതന്യമോ ഇതിനെ കണ്ട് ആശ്ചര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൂട്ടിച്ചേർത്തു ഇപ്പൊ ആശ്ചര്യപ്പെടുന്നില്ല ഇത് തന്നെ ശ്മശാനത്തിൽ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് മരിച്ചു എന്ന് സർട്ടിഫൈ ചെയ്ത ശേഷം കൊണ്ടുപോയി വെക്കണ സമയത്ത് എഴുന്നേറ്റ് നിന്ന് ഇരുന്നൊരു പാട്ടുപാടിയാ അപ്പൊ ആശ്ചര്യപ്പെടും അപ്പൊ അടുത്ത ദിവസം പത്രത്തിലൊക്കെ വരും തലേ ദിവസം ഇതേ ആൾ തന്നെ പാട്ടുപാടിയത് നടന്നതൊക്കെ അപ്പൊ ആരും ആശ്ചര്യപ്പെട്ടില്ല അത് ജഡം എന്ന് ഒന്ന് കൺവിൻസ് ആയ ശേഷം പിന്നെ എണീറ്റ് നടന്നാൽ അടുത്ത ദിവസം അയാൾ റോഡിൽ നടക്കുമ്പോ ആരും റോട്ടിൽ ഇറങ്ങില്ല അയാളുടെ കൂടെ തനി ആരും ഇരിക്കില്ല ഭാര്യ പോലും കൂടെ നിൽക്കില്ല ഭാര്യ ആരും കൂടെ നിൽക്കില്ല അതേ ആള് തന്നെ ആയിരിക്കാം അതേ ആളാണെങ്കിലും ഒന്ന് മരിച്ചിട്ട് എഴുന്നേറ്റ് വന്നാൽ പിന്നെ കഥയൊക്കെ കഴിഞ്ഞു അതേ ശരീരമാണെങ്കിലും അപ്പൊ എന്താ അപ്പൊ ഇതാ ജടം നടക്കണു എന്നാണ് പ്രേതം എന്ന് പറയും ശവം അപ്പോ അപ്പൊ ഈ ശരീരം മനസ്സ് ബുദ്ധി മുതലായിട്ടുള്ള ജഡപപദാർത്ഥങ്ങളൊക്കെ ചൈതന്യത്തിനെ പോലെ ഇപ്പൊ വിഹരിക്കണം അതാണ് ഏറ്റവും വലിയ സിദ്ധി നമ്മളൊക്കെ സിദ്ധന്മാരാണ് നിർഗുണനിരാകാര നിത്യശുദ്ധമായ ബ്രഹ്മം എന്തൊക്കെ ചെയ്യുന്നു ഇവിടെ അല്ലെ ശരീരത്തിൽ നിന്നുകൊണ്ട് പലർക്കും സംശയം ഈശ്വരൻ എങ്ങനെ അവതാരം എടുക്കും ബ്രഹ്മമാണെങ്കിൽ അതെങ്ങനെ പ്രത്യേക ഒരു രൂപം എടുക്കുക എന്നൊക്കെയാണ് അതാ നമ്മൾ ഓരോരുത്തരും അവതരിച്ചിട്ടില്ലേ രൂപം എടുത്തിട്ട് പിന്നെ ഈശ്വരൻ എന്താ അപ്പോ ഭാസ്സി മണ്ഡലനിഭാം അപ്പൊ ഈ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയും ഒക്കെ അത് ചലിപ്പിച്ചു കൊണ്ടിരിക്കും ചലിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ ഇവകൾക്ക് ഇടയിലൂടെ സ്ഫൂർത്തിയൻ ആചാര്യസ്വാമികൾ നമുക്കൊരു സൂചന തന്നു സ്ഫൂർത്തിയെ ഗ്രഹിക്കുകയൻ പൂർണമായതിനെ കിട്ടില്ല സ്ഫൂർത്തി കിട്ടും എന്ന് വെച്ചാൽ എന്താ മേഘം സൂര്യനെ മറയ്ക്കുമ്പോ ഒരു മേഘശകലം മാറിയിട്ട് അടുത്ത മേഘശകലം വരുന്നതിന്റെ നടുവിലൂടെ ഈ സൂര്യകിരണം പുറമേക്ക് ഇങ്ങനെ വരും അതുപോലെ നമ്മളുടെ അകത്തും ഒരു ചിത്തവൃത്തി ഒരു പറ്റം ചിത്തവൃത്തികൾ ചലിച്ച അടുത്തപറ്റം ചിത്തവൃത്തികൾ വരുന്നതിൻ്റെ നടുവില് സ്ഫൂർത്തി എന്നാണ് അതിനെയാണ് സ്ഫൂർത്തി എന്ന് പറയുന്നത് അഹം സ്ഫൂർത്തി അഹം സ്ഫൂർത്തി പിടികിട്ടാതെ വരുമ്പോഴാണ് അഹം വൃത്തി നമ്മുടെ മഹർഷി ഇത് രണ്ടും പറഞ്ഞു അഹം വൃത്തി അഹം സ്ഫൂർത്തി അഹം വൃത്തി എന്താണ് അഹം വൃത്തി എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്നുള്ള പ്രബലമായ വികാരം അതാണ് അഹം വൃത്തി അഹം സ്ഫൂർത്തി എന്ന് പറയുന്നത് ചിദ്വിലാസമാണ് അഹം സ്ഫൂർത്തിയെ തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത് അതാ എല്ലാ ആഴ്ന്നു ചെല്ലുന്ന എല്ലാവർക്കും ഈ അനുഭൂതി മണ്ഡലം ഒരു ആശ്ചര്യമാണ് അതുകൊണ്ടാണ് ത്യാഗരാജസ്വാമികൾ ഒരു പാട്ടിൽ പാടി ഭക്തി ഭക്തി ഞാൻ പറയണമെന്നല്ലാതെ എനിക്ക് ഭക്തി എന്താണെന്ന് അറിയില്ല എന്നാണ് ഭക്തി എന്ന് പറയുന്നോന്നല്ലാതെ ഈ ഭക്തി ഭക്തിയാണോ ഇത് ജ്ഞാനമാണോ ഇത് യോഗമാണോ എന്താ ഒന്നും പറയാൻ പറ്റില്ല എല്ലാരും പറയണത് ഇതിനെ തന്നെ ഇതിനെ ഞങ്ങളിപ്പോ ഭക്തി എന്ന് വിളിക്കണോ ഉള്ളൂ തെളിയലേതു രാമ ഭക്തിമാർഗം എന്തോ രാമ ഈ ഭക്തിമാർഗം എന്താന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയില്ല അങ്ങനെ ഈ ചിത്വിലാസമാണ് ഭക്തി അല്ലാതെ ഭക്തി ചെയ്യലല്ല ഭക്തി ചെയ്യൽ വേറെ ഭക്തി ഉണ്ടാവൽ വേറെ ഭക്തി ചെയ്യൽ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് നോക്കും അല്ലേ ആനന്ദത്തിൽ ആടുകയും പാടുകയും ചെയ്യുന്നു ഭക്തന്മാർ ആനന്ദം ഉണ്ടാവാനായിട്ട് ആടുകയും പാടുകയും ചെയ്യുന്നു സാധകന്മാർ അപ്പൊ ഇതിൽ ആനന്ദം ഉണ്ടാവുകയോ ഉണ്ടാവില്ലയോ പറയാൻ പറ്റില്ലേ പക്ഷെ ആ ചിദ്വിലാസം തീ കൊളുത്തന്ന പോലെ ആ ചിദ്വിലാസമാണ് ഭക്തി ചിദ്വിലാസത്തിനെയാണ് ഇവിടെ സ്ഫൂർത്തി എന്ന് പറയുന്നത് അത് പിടികിട്ടില്ല അപ്പൊ എന്ത് പിടികിട്ടും അഹം വൃത്തി പിടികിട്ടും അഹം വൃത്തി എന്താ അഹങ്കാരം അത് എപ്പോ വരും നമ്മളെ ആരെങ്കിലും ഒക്കെ പുകഴ്ത്തുമ്പോ അതിങ്ങനെ ഉള്ളില് യു ക്യാൻ ഫീൽ ദാറ്റ് പൾസേഷൻ നമ്മൾ ആരെങ്കിലും ഒക്കെ നിന്ദിക്കുമ്പോ അതിങ്ങനെ വികാരം തോന്നും അതിനൊക്കെയാണ് സന്യാസികളൊക്കെ ഭക്ഷ്യ എടുക്കാൻ പോണം ഭിക്ഷെടുക്കാൻ പോകുമ്പോ തന്നെ നമുക്കൊരു താഴ്മ അപ്പോ ഈ അഹങ്കാരം ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വരാം അയ്യേ ഞാൻ ഇങ്ങനെ ഒരു സ്ഥിതിയിൽ പോകണമല്ലോ എന്ന് പറയും ഉള്ളില് അതും ആരെങ്കിലും ഒക്കെ നമ്മളെ ബഹുമാനിച്ച് ഭിക്ഷ തരാതെ ചീത്ത വിളിച്ചാലോ അപ്പൊ ഈ നല്ലവണ്ണം പുറമേക്ക് തലയിടും ചിലപ്പോൾ ആമ്പൊക്കെ പോടിന്റെ ഉള്ളിൽ പോയി ഒളിച്ചു കഴിഞ്ഞാൽ അതിനെ പിടിക്കാൻ വഴിയില്ല അപ്പൊ എന്തെങ്കിലും വെളിയിൽ എന്തെങ്കിലുമൊക്കെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയാൽ അത് പതുക്കെ തല പുറത്തേക്കിട്ടാ പിടിക്കും അതുപോലെ നമ്മൾ അഹങ്കാര ഉള്ളില് പല സന്തുലും പൊന്തുലും ഒക്കെ പോയി ഒളിക്കും അത് എപ്പോ തല പുറത്തേക്കിടും ആരെങ്കിലുമൊക്കെ നമ്മളെ നിന്ദിക്കുമ്പോഴോ സ്തുതിക്കുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ ൃത്തി അതിങ്ങനെ പുറമേക്ക് ഇറ്റ് ഗ്ലീംസ് ഔട്ട് അതിനെ ഗ്രഹിച്ചാൽ അഹം വൃത്തി എവിടെ നിന്ന് പൊന്തു അതിന്റെ മൂലസ്ഥാന അന്വേഷണം മൂലാന്വേഷണം മൂലാന്വേഷണം മൂലാന്വേഷണം ചെയ്യുമ്പോ ഇതിന് മഹർഷി കെണറ്റിൽ മുങ്ങി തരയണ പോലെ ഒരു ഉദാഹരണം പറഞ്ഞു കെണറ്റിൽ നഷ്ടപ്പെട്ട വസ്തുക്കളെ വെള്ളത്തിൽ മുങ്ങി അന്വേഷിക്കണ പോലെ ഹൃദയത്തിൽ മുങ്ങി അഹങ്കാരത്തിന്റെ മൂലത്തിനെ അന്വേഷിക്കുക എന്നാണ് കൂപേയഥാ ഗാഠജലേ തഥാ അന്തർനിമജ്യ ബുദ്ധിയാ ശിതയാ നിതാന്തം പ്രാണം ചാചം ചിയമ്യ ചിന്വൻ നിജ അഹങ്കൃതി മൂലരൂപം അഹങ്കൃതിയുടെ മൂല രൂപത്തിനെ ശ്വാസമടക്കി പിടിച്ച് അന്വേഷിക്കൂന്നാണ് എപ്പോ എപ്പോ അത് പൊന്തുണോ അപ്പോ അല്ലെങ്കിലൊന്നും മെനക്കടണ്ട എപ്പോ എപ്പോ അത് തല പൊന്തിക്കുന്നുവോ അപ്പോഴൊക്കെ ഇത് എവിടെ ഈ പൊന്തുന്നവൻ ആരാണ് ഇതിന്റെ ചലനസ്ഥാനം ഏതാണ് അതിന്റെ സോഴ്സ് ഏതാണ് ഇതിങ്ങനെ ചകഞ്ഞു നോക്കുക അങ്ങനെ ചകഞ്ഞു നോക്കുമ്പോ അഹം സ്ഫൂർത്തി അതിന്റെ മൂലത്തിൽ അടങ്ങി അഹം വൃത്തി ജ്വലിക്കും അഹം സ്ഫൂർത്തി ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗം ഋജുവായിട്ട് സ്ട്രേറ്റ് ആയിട്ടുള്ള രാജപാത ഇൻഡൈറക്ട് ആയിട്ടും ഇതിലേക്ക് വരാം ഇൻഡൈറക്റ്റ് ആയിട്ട് വരുമ്പോ എന്തേം ഒന്നിൽ ഭഗവാനെ ഞാൻ ആരുമല്ല എല്ലാം അംഗാണ് എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല സർവമങ്ങയുടെ ശക്തി എന്ന് പറയുമ്പോ നമ്മൾ അറിയാതെ അഹങ്കാര ഉള്ളിൽ അടങ്ങി ഒരു തെളിച്ചം വരുന്നു അപ്പൊ എന്തുപറയുന്നു നമ്മൾ ഭക്തി ഉണ്ടാവുന്നു ഭക്തി ഉണ്ടാവണു എന്ന് പറയണു ജ്ഞാനമാർഗത്തിലാവുമ്പോ അഹം സ്ഫൂർത്തി ജ്വലിക്കുന്നു ബ്രഹ്മം ജ്വലിക്കുന്നു ഈശ്വർ പരമാത്മാ ജ്വലിക്കുന്നു ശരണാഗതി ചെയ്യുമ്പോഴും നമ്മൾ അറിയാതെ ആത്മവിചാരം ചെയ്യുന്നു ശരണാഗതി ചെയ്യുമ്പോൾ ആത്മവിചാരം ഇല്ലാതെ ശരണാഗതി ഇല്ല നമ്മൾ വലിയൊരു മഹാത്മാവിന്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴും നമ്മൾ എന്തു വളരെ ജാഗ്രതയായി നമ്മൾ അറിയാതെ അബദ്ധം എന്തെങ്കിലും പറയാൻ പാടില്ലല്ലോ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഉള്ളുനിന്ന് പുറത്തേക്ക് വിടാൻ പാടില്ലല്ലോ നമ്മൾ എവിടെയെങ്കിലും അഹങ്കാരം കാണിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞൊരു ഒരു അലേർട്ട്നെസ് വരും അല്ലെ അപ്പൊ എന്ത് ചെയ്യുന്നു നമ്മൾ നാച്ചുറലായിട്ട് ആത്മവിചാരം ചെയ്യുകയാണ് അവിടെ എന്ത് ചെയ്യുന്നു ഈ അഹങ്കാരത്തിനെ ഉദിക്കാൻ അനുവദിക്കാതെ അങ്ങനെ മൂലസ്ഥാനത്തിൽ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കും എല്ലാവർക്കും ഈ മാർഗം അറിയാം അറിയുന്ന മാർഗത്തിനെ തെളിച്ചു തരണു അത്രയേ ഉള്ളൂ എല്ലാവർക്കും അറിയാം നമ്മൾ ഈശ്വരന്റെ മുമ്പിലോ അല്ലെങ്കിൽ വലിയ മഹാപുരുഷന്മാരുടെ മുമ്പിലോ ആ സാന്നിധ്യത്തിലൊക്കെ ചെല്ലണ സമയത്ത് നമ്മളെ അറിയാതെ വി വിൽ പ്രാക്ടീസ് സെൽഫ് എൻക്വയറി എന്ത് ചെയ്യും വളരെ അലേർട്ടായിട്ടിരിക്കും എവിടെങ്കിലും അബദ്ധം പൊട്ടിക്കാൻ പാടില്ല ഞാൻ എന്ന് പറയാൻ പാടില്ല ഞാൻ ചെയ്യാം എന്ന് പറയാൻ പാടില്ല അവിടെയൊക്കെ വളരെ ജാഗ്രതയായിട്ട് യു ആർ അവെയർ അബൌട്ട് ദ സോയ്സ് ഫ്രം വെയർ ദ ഈഗോ എറൈസസ് ഇതിനെ കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറയുന്നതാണ് സെൽഫ് എൻക്വയറി അത്രയേ ഉള്ളൂ ഇത് ബോധപൂർവം ചെയ്യാൻ പറയണം ശ്രദ്ധിച്ച് നോക്കണം ശ്രദ്ധിച്ച് ഈ അഹങ്കൃതിയെ മൂലത്തിൽ സംഹാരം ചെയ്യുന്നു അതിങ്ങനെ പൊന്തുന്ന ഇടത്ത് ഉദിക്കും ഇടത്തിൽ ഒടുങ്ങിയിരുത്തൽ ഉദിക്കുന്ന സ്ഥാനത്ത് ഒടുങ്ങാന്ന് വെച്ചാൽ അടങ്ങാം ഉം അത് കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം ഹൃസ്ഥലേ മനസ്വസ്ഥതാ ക്രിയാ ഭക്തിയോഗ ബോധാശ്ചനിശ്ചിതം സംസ്കൃതം അതിന്റെ തമിഴാണ് ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ എന്ന് പറഞ്ഞത് ഹൃദയസ്ഥലത്തിലെ സ്വസ്ഥത സ്വസ്ഥമായിട്ടിരിക്കും എന്നുവെച്ചാലോ ഞാൻ എന്ന് പറഞ്ഞു ഉദിക്കാതെ ഇരിക്കുന്ന സ്ഥിതി വ്യക്തിബോധം പൊന്തി വരാതെ ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആവാതെ യു ആർ വൺ വിത്ത് ദ ഹോൾ വൺ വിത്ത് ദ വെരി എക്സിസ്റ്റൻസ് അപ്പോ അതാണ് അഹംകൃതി അടങ്ങുമ്പോൾ ഒരു നിശ്ചലതയുടെ സ്ഫുരണമാണ് സ്ഫൂർത്തി എന്ന് ആചാര്യസ്വാമികൾ ഇവിടെ പറയുന്നു സ്ഫൂർത്തി സദാഭാവ് ആ സ്ഫൂർത്തിയെ വിടാതെ ഭാവന ചെയ്യ ആ സ്ഫൂർത്തി ഒരിക്കലും അറിയാതായാൽ സ്ഥിരപ്രജ്ഞ അതിനെ തന്നെയാണ് വൈകുന്നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രജ്ഞ എന്ന് പറയുന്നത് ഈ സ്ഫൂർത്തി തന്നെ പ്രജ്ഞ സ്ഫൂർത്തി സദാഭാവയെന്ന് അങ്ങനെ ഭാവന ചെയ്താൽ എന്താവും ആ സ്ഫൂർത്തിയെ മനസ്സുകൊണ്ട് സ്പർശിച്ചുകൊണ്ടേ ഇരിക്കുക ഇരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഈ മനസ്സിനെ ആ സ്ഫൂർത്തി വിഴുങ്ങിക്കളയും മനസ്സ് ആ സ്ഫൂർത്തിയെ സ്പർശിക്കുമ്പോഴും മനസ്സിലെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്വത്ത് കുറച്ച് കുറച്ചായിട്ട് കുറഞ്ഞു വരും ഓരോരിക്കലും മനസ്സ് ഈ സ്ഫൂർത്തിയെ ചെന്ന് സ്പർശിക്കുമ്പോൾ മനസ്സിലുള്ള കുറേ വികാരങ്ങൾ അതിനകത്ത് നഷ്ടപ്പെടും അവസാനം എന്താവും ദ ഹോൾ മൈൻഡ് ഇറ്റ് ഇൻ മനസ്സിനെ തന്നെ ഉറിഞ്ചി എടുത്തുകളയും മനസ്സിനെ തന്നെ വലിച്ചെടുത്തുകളും അപ്പൊ എന്താവും നിർവൃതമാനസഹ യോഗി നിർവൃതമാനസോ ഹി ഗുരുത്യേഷ നിർവൃതമാനസൻ എന്ന് വെച്ചാൽ എന്താ മനസ്സ് ഇറ്റ് ഹാസ് നിർവൃത്തി എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് റിട്ടയർഡ് നിവൃത്തമായി നർത്തം മനസ്സ് നിവൃത്തമായപ്പോൾ ഉണ്ടാവുന്ന അനുഭൂതിയാണ് നിർവൃത്തി അല്ലെങ്കിൽ ഇപ്പൊ മനസ്സ് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഒരു ചില അനുഭൂതി ഉണ്ട് എന്താണ് കൊറേ ചിത്തവൃത്തികൾ കുറെ വിചാരങ്ങൾ കുറെ വികാരങ്ങൾ ഇതാണ് മനസ്സ് ആ പ്ലെയിനില് നിർവൃത്തി ഉണ്ടാവുന്നു മനസ്സ് ഇരുന്ന സ്ഥാനത്ത് തമിഴ് മലയാളത്തിലൊരു ചൊല്ലുണ്ട് താനിരിക്കേണ്ട ഇടത്ത് താനിരുന്നില്ലെങ്കിൽ നായ കയറിയിരിക്കും എന്ന് പറയും എന്താ പൊരുള എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കേണ്ട ഞാൻ ഇരുന്നില്ലെങ്കിൽ ഈ അഹങ്കാരം കയറി അവിടെ ഇരിക്കും എന്നിട്ടോ നായ പോലെ വരുന്നവരോടൊക്കെ നിലവിളിക്ക പണം കൂട്ട വേണ്ടി പുറകെ വാലാട്ടി നടക്കുക അല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്താ ഈ കുഴപ്പം നായ മാറ്റി ഇരിക്കണം നായ ഇരിക്കാൻ പാടില്ല എന്ന് പറയാൻ പഠിപ്പിക്കലാണ് അത് അപ്പൊ താൻ ഇരിക്കേണ്ടടത്ത് താൻ ഇരുന്നാൽ നടക്കും അത് തന്നെയാണ് അനന്യാ ചിന്തയന്തോ തേശാം നിത്യാഭയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം അങ്ങനെ ആര് ആ സ്ഫൂർത്തിയെ സദാഭാവന ചെയ്തിരിക്കുന്നുവോ നിർവൃതമാനസഹ അവൻ നിർവൃതമാനസനായ യോഗിയാണ് അങ്ങനെയുള്ള ആൾ എന്റെ ഗുരുവാണ് എന്റെ ആചാര്യനാണ് എന്നുള്ളത് എന്റെ ഉറപ്പുറ്റ അനുഭവമാണ് എന്ന് ആചാര്യസ്വാമികൾ പറയുന്നു അടുത്ത ശ്ലോകം നാളെ കാണാം യഥോ മമാത്മാഭവസിത്വമേവ തതോനവാച്യം മമകുഞ്ചിത യഥാ ഗുരുമാം തഥൈവ ത്വാം ആത്മനാഥം ഭ